അലൈക്കു വറഹമുല്ല അലഹമുല്ല നബിസ് വസല്ലമ്മയുടെ ചരിത്രമാണ് നമ്മൾ കഴിഞ്ഞ ദർശികളിൽ വിശദീകരിച്ചു വന്നത് റസൂൽ സാഹു അലഹി വസ്ലമയുടെ സഹാബികൾ നേരിട്ട് പരീക്ഷണങ്ങളുടെയും പീഡനങ്ങളുടെയും പ്രയാസങ്ങളുടെയും കഥകളാണ് ചരിത്രത്തിലെ ആ ഒരു കാലഘട്ടമാണ് കഴിഞ്ഞ ദർശൽ നമ്മൾ വിശദീകരിച്ചത് സഹാബികൾ അനേകം പ്രയാസങ്ങൾ അനുഭവിച്ചതുപോലെ നബുസാഹു അലഹു വസല്ലമയും കഠിനമായ പരീക്ഷണങ്ങളും പീഡനങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ അള്ളാഹു സുബാനഹുഅാലി സല്ലാഹു അലി വസല്ലമക്ക് പ്രത്യേകമായ സംരക്ഷണം ഒരുക്കിയിരുന്നു അതോടൊപ്പം നബിസ്വല്ലാ അലി വസല്ലമക്ക് മക്കയിൽ മുഷരിക്കുകൾക്കിടയിൽ ശത്രുക്കളും അനുയായികളുമെല്ലാം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന രൂപത്തിൽ വലിയ സ്ഥാനമുണ്ടായിരുന്നു അതോടൊപ്പം മക്കയിലെ കൊറൈഷികൾ ഏറ്റവും ബഹുമാനിച്ചിരുന്ന വ്യക്തികളിൽ ഒരാളായ അബു താലിബ് അദ്ദേഹത്തിന്റെ സംരക്ഷണം നബി സല്ലാഹു അലഹി വസല്ലം അവിടത്തേക്ക് ലഭിച്ചിരുന്നു ഇക്കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെ റസൂർഹി സല്ലാഹു അലി വസ്ല്ലം പല പീഡനങ്ങളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ മുസ്ലിംങ്ങളുടെ അവസ്ഥ വളരെ പ്രയാസകരമായിരുന്നു ഓരോ ദിവസം വർധിക്കു അവർക്കെതിരെയുള്ള മുഷരിക്കുകളുടെ കടന്നാക്രമണം വർദ്ധിച്ചു കൊണ്ടിരുന്നു എല്ലാ കാരുണ്യത്തിന്റെ അടയാളങ്ങളും ഇല്ലാതെയാക്കുന്ന രൂപത്തിൽ കടുത്ത അതിക്രമങ്ങൾ മുസ്ലിംങ്ങൾക്കെതിരെ മുഷരിക്കുകൾ ഈ കാലഘട്ടത്തിൽ അഴിച്ചുവിട്ടു നബ്സല്ലാ അലി വസല്ലമക്ക് അവരിൽ പലരെയും സംരക്ഷിക്കാൻ കഴിഞ്ഞിരുന്നില്ല ഈ സന്ദർഭത്തിലാണ് അള്ളാഹു സുബാനഹുല സൂറത്തുൽ അവതരിപ്പിക്കുന്നത് സൂറത്ത് ഉൽ ഖാഫ് നമുക്കെല്ലാം പരിചിതമായതുപോലെ മഹത്തരമായ ഒരു ചരിത്രം ഉൾക്കൊള്ളുന്ന സൂറത്താൻ കുറച്ച് യുവാക്കൾ സ്വീകരിച്ചതിന്റെ പേരിൽ അവരുടെ നാട്ടിൽ പ്രയാസങ്ങൾ അനുഭവിക്കുകയും അങ്ങനെ ഒരു ഗുഹയിൽ അഭയം തേടുകയും ചെയ്ത സംഭവമാണ് സൂറത്തുൽ കഹസിന്റെ തുടക്കത്തിൽ അള്ളാഹു സുഹാനു തലം വിശദീകരിച്ചത് അത് ഹിജറക്കു വേണ്ടിയുള്ള സൂചനയായിരുന്നു ഇസ്ലാമിന്റെ മാർഗത്തിൽ പരീക്ഷണങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്നവർ കുറച്ചുകൂടി സുരക്ഷിതമായ പ്രദേശത്തേക്ക് മാറി താമസിക്കാൻ ിക്കേണ്ടതുണ്ട് എന്ന ഓർമ്മപ്പെടുത്തലായിരുന്നു സൂറത്തുൽ കഹിൽ അള്ളാഹു സുഹാന ഗുഹാവാസികളായ ആ യുവാക്കൾ ഭരണാധികാരിയുടെയും നാട്ടുകാരുടെയും പീഡനങ്ങളിൽ നിന്ന് രക്ഷ വേണ്ടി ഗുഹയിൽ അഭയം തേടിയതുപോലെ മുസ്ലിമുകൾ അവരിൽ പ്രയാസം വളരെ അനുഭവിക്കുന്ന ആളുകൾ അവർക്ക് അവരുടെ ദീനനുസരിച്ച് ജീവിക്കാൻ സാധിക്കുന്ന നാട്ടിലേക്ക് പലായനം ചെയ്യട്ടെ എന്ന സൂചനയാണ് സൂറത്തുൽ സംഭവം മുസ്ലിംങ്ങൾക്ക് നൽകിയത് അതിനുശേഷം സൂറത്തു അവതരിച്ചു സൂറത്തുൽ അള്ളാഹു സുൽഹാൻ പറഞ്ഞു അവർക്ക് പരീക്ഷണങ്ങൾ അനുഭവിക്കേണ്ടി വരും പ്രയാസങ്ങൾ നേരിടേണ്ടി വരും എന്നാൽ അള്ളാഹുവിന്റെ ഭൂമി വിശാലമാണ് ക്ഷമിക്കുന്നവർക്കാണ് അള്ളാഹു കണക്ക് നോക്കാതെ പ്രതിഫലം നൽകുക അള്ളാഹുവിന്റെ ഭൂമി വിശാലമാണ് എന്ന ഈ ആയത്ത് മുസ്ലിമീങ്ങൾക്കുള്ള രണ്ടാമത്തെ ഓർമ്മപ്പെടുത്തലാണ് ഹിജറ പോകേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ നബിസല്ലാഹു അലഹി വസ്ല്ലം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സഹാബികളെ ഒരുമിച്ചു കൂട്ടി അവരോടായി പറഞ്ഞു ലൗ ഹറജിത്തും ഇല അർദ്ദ നിങ്ങൾക്ക് അബിസീമിയേക്ക് പോയി ഹബ എന്നാൽ അബിസീനിയ എന്ന നാടാണ് ആഫ്രിക്കയുടെ പരിസരത്തുള്ള നാടാണ് നിങ്ങൾക്ക് അബിസീനിയയിലേക്ക് പോയി കൂടെ അവിടെ ഒരു രാജാവുണ്ട് അദ്ദേഹത്തിന്റെ അടുക്കൽ ആരോടും അനീതി ചെയ്യപ്പെടുകയില്ല അദ്ദേഹം മുസ്ലിം അല്ല പക്ഷേ അദ്ദേഹം നീതിയുടെ പക്ഷത്ത് നിൽക്കുന്നയാളാണ് അതുകൊണ്ട് നിങ്ങൾക്ക് വിസീനിയയിലേക്ക് പോയി കൂടെ റസൂറു അത് സത്യമുള്ള നാടൻ അല്ലെങ്കിൽ സത്യസന്ധതയുള്ള നാടാണ് റസൂ പറഞ്ഞു നിങ്ങൾക്ക് ഇപ്പോൾ ഈ അനുഭവിക്കുന്ന പരീക്ഷണത്തിന് അള്ളാഹു എന്തെങ്കിലും ഒരു എളുപ്പം നൽകുന്നതുവരെ അബിസീനിയയിലേക്ക് നിങ്ങൾ പോവുക അങ്ങനെയാണ് ഇസ്ലാമിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ ഹിജറ അതിന് തുടക്കം കുറിക്കുന്നത് ഇസ്ലാമിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ ഹിജറ അബിസീനിയയിലേക്കായിരുന്നു ആദ്യമായി അബിസീനിയയിലേക്ക് ഹിജറ പോയത് മുസ്ലിംകളിൽ വളരെ പ്രയാസം അനുഭവിക്കുന്ന ചില സഹാബികളാണ് അവർ പതിനഞ്ച് പേരുണ്ടായിരുന്നു അതിൽ പതിനൊന്നാളുകൾ പുരുഷന്മാരാണ് നാലുപേർ സ്ത്രീകളാണ് ആദ്യമായ അബ്സീനയിലേക്ക് ഹിജറ പുറപ്പെട്ടത് അഹ്അള്ളാഹു അനഹുവും അദ്ദേഹത്തിന്റെ ഭാര്യയായ നബിസൊല്ലാഹു അലഹി വസ്ല്ലമ്മയുടെ മകളായ റൊക്കയ്യ ബിൻ മുഹമ്മദ് അലഹി വസ്ല്ലം അവരുമാണ് ഈ രണ്ടുപേരാണ് ഇസ്ലാമിന്റെ മാർഗത്തിൽ ആദ്യമായി ഹിജറ പുറപ്പെട്ടത് സഹാവികളിൽ ചിലർ പറഞ്ഞതുപോലെ അബ്രാഹിം നബി അലിഹു സ്വലാത്തു നബി അലിഹു ശേഷം ആദ്യമായി ഹിജറ പോയ ആളുകൾ ഈ രണ്ടുപേരാണ് ഇസ്ലാമിന്റെ ചരിത്രത്തിൽ നടന്ന ഒരു ഹിജറ ഏതാണ് നബിയുടെയും ലൂത്ത് നബിയുടെയും ഹിജറയാണ് അവരുടെ നാട്ടിൽ പരീക്ഷണങ്ങൾ അനുഭവിച്ച സന്ദർഭത്തിൽ ഇബ്രാഹിം നബി അലിസ്ലാത്തു സ്വലാം വാപ്പയും അദ്ദേഹത്തിന്റെ കുടുംബവും നാട്ടുകാരും അദ്ദേഹത്തെ അട്ടിയോടിച്ചപ്പോൾ തന്നിൽ വിശ്വസിച്ച ലൂത്തുമായി അലിഹിംസലാത്തു വസ്സലാം അവർ ഇറാഖിൽ നിന്ന് പുറത്തേക്ക് കടന്നു ഹിജറബോയി ആ ചരിത്ര സംഭവത്തിന് ശേഷം പിന്നീട് ഹിജറബോയ ആദ്യത്തെ ആളുകൾ അഹസാൻ റതി അള്ളാഹ് റൊക്കയ്യ ബിൻ തറസുല സാഹുഅലി വസ്ല്ലം അല്ലാഹുഅൻഹ ഈ രണ്ടാളുകളാണ് അന്നുള്ള ഹിജറ വളരെ രഹസ്യമായാണ് മുഷിരിക്കുകൾ അവരുടെ ക്രൂരതകളിൽ ഒന്നായിരുന്നു മക്കയിലുണ്ടായിരുന്ന ആളുകളെ ഇസ്ലാം അനുസരിച്ച് മറ്റേതെങ്കിലും രാജ്യത്ത് ജീവിക്കാനും അവരനുവദിച്ചിരുന്നില്ല മക്കയിലും ജീവിക്കാൻ സമ്മതിക്കില്ല മക്കൾക്ക് പുറത്തേക്ക് പോകാനും സമ്മതിക്കില്ല അതുകൊണ്ട് തന്നെ ഈ പതിനഞ്ച് ആളുകൾ ഹിജറ പോയത് കൂട്ടമായല്ല മറിച്ച് ഓരോരുത്തരും രഹസ്യമായി വ്യത്യസ്ത സംഘങ്ങളായി രണ്ടാളുകളും മൂന്നാളുകളും ഒക്കെ പാത്തും പതുങ്ങിയുമാണ് ഹിജറ പോയത് അങ്ങനെ അവരെല്ലാവരും ഒരുമിച്ച് ഒരു സ്ഥലത്ത് എത്തിച്ചേരുകയും അങ്ങനെ വിസീനിയയിലേക്ക് പോവുകയുമാണ് ഉണ്ടായത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ സംഘത്തിൽ സഹാബികളിലെ പല പ്രമുഖരായ ആളുകളും ഉണ്ടായിരുന്നു നമുക്ക് പരിചിതമുള്ള ചില പരിചിതമായ പേരുകളാണ് അതിൽപ്പെട്ട ചില ആളുകളാണ് അസുബെർബുഅാം റതിഅള്ളാഹാൻ അദ്ദേഹം ഈ സംഘത്തിലുള്ള ആളായിരുന്ന അതുപോലെ തന്നെ കഴിഞ്ഞ തവണ നമ്മൾ ഓർമ്മപ്പെടുത്തിയ മുസാബ് അമേർ എന്ന സഹാബി അബ്ദുറഹ്മാൻ അബു ഔഫ് സഹാബികളിലെ സമ്പന്നനായിരുന്ന പിന്നീടാണ് അദ്ദേഹത്തിന് കച്ചവടം നടത്തി വലിയ സമ്പാദ്യം ഉണ്ടായത് അബ്ദുറഹ്മാൻ അബ്ദുൾ ഔഫ് റതി അള്ളാഹാൻ ഈ സംഘത്തിലുണ്ടായിരുന്നയാളാണ് അതുപോലെ റസ്മാൻബ് മൂൻ എന്ന സഹാബി റഹ്മാൻ അബ് മുഹമ്മദ് ഒഴിവുൻ രണ്ടു ഒന്ന് റഹ്മാൻ അബ്ദുൾ റഹ്സാൻ രണ്ട് റഹ്മാൻബ് ഒഴിവുൻ ഈ സംഘത്തിലെ അമീർ റഹ്മാൻബ് ഒഴുനാണ് ഇസ്ര പോയ ഈ സംഘത്തിന്റെ അമീർ റഹ്മാൻ അബ്ദ് ഒഴു എന്ന ഈ സഹാബിയായിരുന്നു അതുപോലെ തന്നെ മറ്റ് സഹാബികളിൽ പ്രമുഖരായ മറ്റൊരാളാണ് അബൂസലമ അബൂസലമയും അദ്ദേഹത്തിന്റെ ഭാര്യയായ ഉമ്മു സലമയും ഈ ഹിജറയുടെ സംഘത്തിൽ ഉണ്ടായിരുന്നു ഇവർ ഹിജറ പോയ ആളുകളാണ് പ്രയാസങ്ങൾ സഹിക്കവയ്യാതെ എന്നാൽ സഹാബികളിൽ മറ്റൊരു വിഭാഗം ആളുകൾ അവരെന്ന് ഏതാണ്ട് പത്ത് നാൽപ്പതോളം ആളുകളുണ്ട് അല്ലെങ്കിൽ അൻപത് അതിനടുത്ത ആളുകളുണ്ട് അവർ നബിസൊല്ലാഹു അലി വസ്ല്ലമയോടൊപ്പം തന്നെ തങ്ങാൻ തീരുമാനിച്ചു അബുബക്കാൻ ഇങ്ങനെയുള്ള ധാരാളക്കണക്കിന് സഹാബികൾ റസൂൽഹി സല്ലാഹു അലി വസല്ലമയോടൊപ്പം തന്നെ തങ്ങാനും പ്രയാസങ്ങൾ നേരിടാനും തീരുമാനിച്ചുകൊണ്ട് മക്കയിൽ തന്നെ നിലകൊണ്ടു അങ്ങനെ ഈ യാത്രാ അവർ കടലിനെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് യാത്ര തിരിക്കുന്നത് അവർ കടൽ തീരത്തെത്തിയ സന്ദർഭത്തിൽ അള്ളാഹു സുബാനയുടെ തൗഫിയക്ക് കാരണത്താൽ ഒരു കപ്പൽ ഒരു യാത്രാ സംഘം ഉണ്ടായിരുന്ന കപ്പൽ അവരുടെ മുന്നിൽ എത്തിപ്പെടുകയും അവരെ മുസ്ലിംങ്ങളെ ഈ കപ്പലിൽ അവർ പ്രവേശിപ്പിക്കുക അവരങ്ങനെ അബിസീനയിലേക്ക് യാത്ര പുറപ്പെടുകയും ചെയ്തു മുഷരിക്കുകൾ തൊട്ടു അവരുടെ ഹിജറയെക്കുറിച്ച് അറിഞ്ഞുകൊണ്ട് എത്തിയെങ്കിലും അവർക്ക് പിടികൂടാൻ കഴിയുന്നതിന് മുൻപ് മുസ്ലിം ഈങ്ങൾ അബിസീനയിലേക്കുള്ള യാത്ര പുറപ്പെട്ടു അവർ അബിസീനയിലേക്ക് പുറപ്പെട്ടത് റജബ് മാസത്തിലാണ് റജബിൽ അവർ അവിടെ എത്തിച്ചേർന്നു പിന്നെ ഷബാൻ റമദാൻ ഈ മാസങ്ങൾ അവർ അബിസീനയിൽ താമസിച്ചു റമദാനിൽ ഏതാണ്ട് റമദാൻ അവസാനം വരെ അവർ അഭിസീനിയയിലുണ്ട് മക്കയിലെ മുസ്ലിം ഇങ്ങൾ അഭിസീനിയയിലുണ്ട് അങ്ങനെ ഇവർ ഹിജിറ പോയ സന്ദർഭത്തിൽ മക്കയിൽ ഒരു സംഭവം നടന്നു റമദാൻ മാസത്തിൽ ഞാൻ പറഞ്ഞതുപോലെ അവർ റമദാനിൽ അഭിസീനിയയിലാണ് ആ സന്ദർഭത്തിൽ മക്കയിൽ നബി സല്ലാഹു അലി വസല്ലം ഒരിക്കൽ മുഷിഖീങ്ങൾ കൂടിയിരിക്കുന്ന സദസ്സിലേക്ക് കബയുടെ പരിസരത്തേക്ക് ചെന്നു എന്നിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിൽ നിന്ന് സൂറത്തുൻ നജ്ം പാരായണം ചെയ്തു വന്നജ്മി ഇദാ ഹവാ എന്ന തുടങ്ങുന്ന ആയത്തുകൾ സൂറത്തു സൂറത്തിൽ ആയത്തുകൾ ഈ സൂറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്തപ്പോൾ മുശ്രിക്കുകൾ ഖുർആനിന്റെ ഭംഗി ഇട മുന്നിൽ स्तब्ധരായി പോവുകയും നിശബ്ദരായി ഖുർആൻ കേൾക്കുകയും ചെയ്തു മുഷിരിക്കുകളുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഖുർആാൻ ഒരു തശവീഷുമില്ലാതെ ഒരു പ്രശ്നവുമില്ലാതെ അവർ കേൾക്കുന്നത് ആദ്യമായാണ് അത് സംഭവിക്കുന്നത് അതിനു മുൻപ് മുഷിരിക്കുകൾ സ്വീകരിച്ചിരുന്ന സമീപനം അള്ളാഹു സുഹാൻ താല പറഞ്ഞതുപോലെ ഖുർആൻ ഓദിക്കഴിഞ്ഞാൽ അവർ പറയുമായിരുന്നു അ നിങ്ങൾ ഒച്ച വയ്ക്കുക കൂക്കിവിളിക്കുക കൈയടിക്കുക ഒച്ച ആള് ഓതുന്ന ആളെ ഖുർആൻ അന്നുവരെ അവർ നിശബ്ദമായി കേൾക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല മുഷരിക്കുകളുടെ സംഘത്തിന് അന്നാദ്യമായി അവർ ഖുർആാനിന് മുന്നിൽ സ്തബ്ധരായിരുന്നു പോയി വന്നജ്മ എന്ന സൂറത്താകട്ടെ നിങ്ങൾ വായിച്ചാൽ മനസ്സിലാകും കുറുക്കുകൊള്ളുന്ന ആയത്തുകളാണ് അതിലെ എല്ലാ ആയത്തുകളും വളരെ ചുരുങ്ങിയ ആയത്തുകൾ വളരെ സൂക്ഷ്മമായ വാക്കുകൾ വളരെ മനസ്സിൽ തട്ടുന്ന പ്രയോഗങ്ങൾ സൂറത്തു നജിമിന്റെ പ്രത്യേകതയാണ് മുഷരിക്കുകളുടെ ഷിർഖിനെ ആക്ഷേപിക്കുന്ന അവരെ അവരുടെ മനസ്സുകളെ തൊട്ടു ഉണർത്തുന്ന ആയത്തികളാണ് സൂറത്തു ആയത്തുകൾ വളരെ മനോഹരമായ സൂറത്തുകളിലൊന്നാണ് സൂറത്തു നജിം ആ സൂറത്ത് കേട്ടു അതിന്റെ അവസാനത്തിൽ ഒരു സുജൂതുണ്ട് നബിസാഹ അലൈഹി വസല്ല ആ ഭാഗം എത്തിയപ്പോൾ റസൂൾ ഉള്ള സുജൂദ് ചെയ്തു അതോടുകൂടി അവിടെ ഇരുന്ന മുസ്ലിമീങ്ങളും മുഷിരിക്കീങ്ങളും ഒന്നടങ്കം സുജൂദ് ചെയ്തു അവരറിയാതെ സുജൂദിൽ വീണുപോയി രണ്ടാളുകൾ ഒഴികെ ഒന്ന് ഉമ്മയ്യബ് ഹലഫ് എന്നുപേരുള്ള മുഷിരിക്കീങ്ങളുടെ നേതാക്കന്മാരിൽപ്പെട്ട ഒരുത്തനം അവൻ പിന്നീട് കാഫറായി മരിച്ചു അയാൾ സുജൂത് ചെയ്തില്ല മറിച്ച് തന്റെ മുന്നിലിരുന്ന മണ്ണ് വാരി അയാൾ നെറ്റത്തിങ്ങനെ വെച്ചു സുജൂത്ത് ചെയ്യാൻ അയാൾ തയ്യാറായില്ല രണ്ടാമത്തെയാൾ മാറി നിന്ന രണ്ടാമത്തെയാൽ അൽമുപ്പൽബുബ് അബി വദ എന്നുപേരുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം പിന്നീട് മുസ്ലിം ആയിട്ടുണ്ട് ഈ രണ്ടാളുകളാണ് സുജൂത് ചെയ്യാതിരുന്നത് ഒന്ന് ഉമയ്യു ഹലഫ് രണ്ട് അൽമുപ്പലിബുബ് വദ المطلبون وداعا في النيد مسلماء كما يقولون رسول الله صلى الله عليه وسلم أنه سورة النجمة وديأ بول نعان سجود جائدتلا إنه أور إخلاء سورة كرت جدري نعال نعان سجود جائد ترقبئ إلا أور إخل بولو أبدا سجود جائدنا لذلك سنة أنه لذلك نعان سجود جائدنا دولوا كلا ينكي نبي صلى الله عليه وسلم أنه بارايا نمشي تساعد ربطل سجود جائدنا كلمتلا അങ്ങനെ മക്കയിലെ മുഷിരിക്കുകൾ അവർ പോലും അറിയാതെ നബിസൊല്ലാഅലി വസല്ലമ്മയുടെ പുറാൻ പാരായണത്തിൽ അവർ സുജൂദിൽ വീണുപോയി ഈ സംഭവം അറിഞ്ഞതോടുകൂടി മുസ്ലിംകൾ ഇത് പാട്ടാക്കി ആളുകൾക്കിടയിൽ കാര്യമറിഞ്ഞു മുഷിരിക്കോട് ആളുകൾ ചോദ്യം ചെയ്യാൻ തുടങ്ങി ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ഈ വിഷയത്തിൽ വന്ന ഹദീഫ് അത് സഹിഹാണോ അണീഫാണോ എന്നതിന്റെ അഭിപ്രായ نبي صلى الله عليه وسلم هذه سورة غذية بول أرأيتم اللات والعزة ومنات الثالثة الأخرى لاتي يمعزة يمناتي يم يمعكشبت قرآن الوانا هذه سورة نجملة آيات غليل وآياتنا لأن لا تيكروش چندي چطندو مناتي يكروش چندي چطندو منامنا اي ريكنا عزيكور چالوجي چطوندو ينا آيات نبي صلى الله عليه وسلم وديه بول اكيلا مشرك غالبارنو اوار ناتل بارنو بارتي محمد ادو وديه بول آس اندربتل محمد چلا واكغال كوردل اي بارنو محمد بارنو تلك الغرانيق العلا وإن شفاعتهن لترجا മുഹമ്മദ് ലാത്തയെയും മനാത്തെയും അസ്തയെയും കുറിച്ച് പറഞ്ഞപ്പോൾ മഹമ്മദ് പറഞ്ഞു അത് തന്നെയാകുന്നു ഏറ്റവും മഹത്തരമായ വിഗ്രഹങ്ങൾ അങ്ങനെ ഒരു ആയത്ത് ഖുറാനിൽ ഇല്ല ശരിക്കുകൾ സുജൂതിൽ വീണുപോയി ഇനി അതിനൊരു ന്യായം കണ്ടുപിടിക്കണം അവരിൽ ചില ആളുകൾ ന്യായം ഇതാൻ അവർ പറഞ്ഞു മഹമ്മദ് ഈ ആയതോതിന് ശേഷം പിന്നെ പറഞ്ഞു ഖറാനിനെ പോലുള്ള അത് തന്നെയാകുന്നു മഹത്തരമായ വിഗ്രഹങ്ങൾ അവരുടെ ശുപാർശ പ്രതീക്ഷിക്കപ്പെടാവുന്നതാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ചെയ്തത് ഒരു കള്ളത്തരം പറഞ്ഞുണ്ടാക്കി ഞങ്ങളുടെ വിഗ്രഹങ്ങള് മുഹമ്മദ് പുകഴ്ത്തി പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ സുജൂത് ചെയ്തത് എന്ന് മുഷരിക്കുകൾ കെട്ടിയുണ്ടാക്കി ഈ സംഭവം സ്ഥിരപ്പെട്ടതാണോ അല്ലേ എന്നതിൽപ്രത്യാസമുണ്ട് ഒരു അഭിപ്രായ അത് ഈ അർത്ഥത്തിലാണ് അത് വിശദീകരിക്കപ്പെട്ടത് ശരി അങ്ങനെ മക്കയിലെ മുഷിരിക്കുകൾ നബിസല്ല അലി വസല്ലമക്ക് അവിടുത്തെ ഖുർആാൻ കേട്ട സന്ദർഭത്തിൽ അവിടത്തോടൊപ്പം സുജൂത് ചെയ്ത വാർത്ത അബിസീനിയയിലെത്തി അബിസീനിയ എന്നാൽ വളരെ ദൂരമുള്ള പ്രദേശമാണ് വാർത്ത അവിടേക്ക് എത്തിയപ്പോൾ അത് ശരിയായ വാർത്തയോട് വളരെ എതിരിട്ട് നിൽക്കുന്ന അവസ്ഥയിലാണ് അവിടേക്കെത്തിയത് ഏത് വാർത്തയും തുടങ്ങുമ്പോൾ അത് ഇത്ര ഉണ്ടാവുള്ളൂ പിന്നെ അത് കുറച്ചു ദൂരം സഞ്ചരിക്കുന്നതിനനുസരിച്ച് അതിന്റെ നീളവും വലുപ്പവും കൂടും അബിസീനയിലേക്ക് വാർത്ത ഇങ്ങനെയായി അവർ പറഞ്ഞു മക്കയിലെ മുഷരിക്കുകളെല്ലാം മുഹമ്മദിനനുസരിച്ചിരിക്കുന്നു അവരെല്ലാം മുസ്ലിമീങ്ങളായിട്ടുണ്ട് ഇങ്ങനെയാണ് വാർത്ത അഭിസീനയിലേക്ക് ഇത് കേട്ടതോടു കൂടി അവിടെയുള്ള മുസ്ലിമീങ്ങൾ അവർ വലിയ സന്തോഷത്തിലായി അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇവിടെ താമസിക്കുന്നതിനേക്കാൾ ഇഷ്ടം ഞങ്ങളുടെ കുടുംബക്കാർക്കിടയിൽ താമസിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ മക്കയിലേക്ക് തിരിച്ചു പോവുകയാണ് അങ്ങനെ അവർ ആ നിന്ന് തിരിച്ച് മക്കയിലേക്ക് യാത്ര തിരിച്ചു മക്കയുടെ അതിരുകളിൽ എത്തിയപ്പോഴേക്ക് അവർക്ക് മനസ്സിലായി കേട്ട ചില ആളുകൾ പറഞ്ഞു നമുക്ക് തിരിച്ചു പോകാം വേറെ ചിലർ പറഞ്ഞു ഏതായാലും നമ്മൾ മക്ക വരെ എത്തി ഇനി തിരിച്ചു പോകുന്നതിൽ അർത്ഥമില്ല അതുകൊണ്ട് നമുക്ക് മക്കയിലേക്ക് തന്നെ പ്രവേശിക്കാം മക്കയിലെ മുഷരിക്കുകളാകട്ടെ തങ്ങളുടെ കൈകളിൽ നിന്ന് ഇവർ ഊരിപ്പോയതിന്റെ ദേഷ്യത്തിലാണ് അതുകൊണ്ട് അവരിൽ കുറച്ചെന്തെങ്കിലും സ്ഥാനമുള്ള ആളുകൾ വളരെ ഭയന്നുകൊണ്ടാണ് മക്കയിലേക്ക് പ്രവേശിക്കുന്നത് അന്ന് മക്കയിൽ നിലനിൽക്കുന്ന ആചാരങ്ങളിൽ അവിടുത്തെ സംവിധാനങ്ങളിൽ ഒന്നാണ് ജിവാറിന്റെ സംവിധാനം ജിവാർ എന്ന് പറഞ്ഞാൽ ഒരാൾ പറയുകയാണ് എന്റെ സംരക്ഷണത്തിലാണ് ഈ വ്യക്തി എന്ന് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അതോടുകൂടി ആ കബീലയുടെ സംരക്ഷണം ആ ഗോത്രത്തിന്റെ സംരക്ഷണം ഈ വ്യക്തിക്ക് പൂർണ്ണമായി ലഭിക്കും ഒരാൾ വന്ന് എന്നോട് സംരക്ഷണം ചോദിക്കാൻ ഞാൻ പറയണം അയാൾ എന്റെ സംരക്ഷണത്തിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്റെ കബീല മുഴുവൻ ഇയാളെ സംരക്ഷിക്കുന്നതിന് നിലകൊള്ളുക എന്നത് അറബികളുടെ ശൈലികളിൽ പെട്ടതാണ് അവരുടെ സമ്പ്രദായത്തിൽ അതുകൊണ്ട് ഈ പറഞ്ഞതിൽ പല ആളുകളും ഇങ്ങനെ ചില പ്രമുഖന്മാരായ ആളുകളുടെ സംരക്ഷണത്തിലാണ് മക്കയിലേക്ക് പ്രവേശിക്കുന്നത് വേറെ ചിലരാകട്ടെ അവർക്ക് സംരക്ഷണം നൽകാൻ ആരുമില്ലായിരുന്നു അവർ മക്കയിലേക്ക് പ്രവേശിച്ചു പീഡനങ്ങളും പ്രയാസങ്ങളും മുൻപുള്ളതിനേക്കാൾ ശക്തമായി വീണ്ടും ആരംഭിച്ചു ഈ സന്ദർഭത്തിൽ എടുത്തു പറയേണ്ട സംഭവമാണ് അബ്ദുൾ മദൂനിന്റെ സംഭവം ഞാൻ പറഞ്ഞതുപോലെ അദ്ദേഹം അമീറായിരുന്നു ഹിജ്രൈല് അബിസീനിയയിലേക്കുള്ള ഹിജ്രൈൽ അമീറായി നിന്നയാളാണ് ഓസ്മാൻ അബ്ദു മദൂൻ അദ്ദേഹം തിരിച്ചു അദ്ദേഹത്തിന്റെ പരിചയത്തിൽപ്പെട്ട അൽ അലീദ് അൽ മുഹറ അയാളുടെ സംരക്ഷണത്തിലാണ് ഓസ്മാൻ ബു മദുൻ മക്കയിലേക്ക് പ്രവേശിക്കുന്നത്